അല്ലെങ്കിൽ അത് ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെയാണ് അതിനു മുകളിൽ തിരമാലകൾ അതിനു മുകളിൽ വീണ്ടും തിരമാലകൾ അതിനു മുകളിൽ മേഘങ്ങൾ ഇരുട്ടുകൾ ഒന്നിനുമേൽ ഒന്നായിരിക്കുന്നു ഒരാൾ തൻറെ കൈ പുറത്തേക്കിട്ടാൽ അത് കാണാൻ പോലും കഴിയാത്ത വിധം അള്ളാഹുസുബാനുഹൂവത്ത ആല ആർക്ക് പ്രകാശം നൽകുന്നില്ലോ അവന് യാതൊരു പ്രകാശവുമില്ല